അള്ളാഹു സുബഹാനഹുവ ചായാല വിഹിനെ അവർ യഥാർത്ഥമായ രീതിയിൽ വിലമതിച്ചില്ല അള്ളാഹുസുബഹാനഹുവ ചായാല ഒരു മനുഷ്യന്റെ മേലും യാതൊന്നും ഇറക്കിയിട്ടില്ല എന്നവർ പറഞ്ഞപ്പോഴാണ് അത് വ്യക്തമായത് നീ പറയുക മൂസ അലിഹിസ്ലാം കൊണ്ടുവന്ന മനുഷ്യർക്ക് പ്രകാശവും മാർഗദർശനവുമായ ഗ്രന്ഥം ആരാണിറക്കിയത് നിങ്ങൾ അതിനെ കടലാസുകളാക്കി ചിലത് നിങ്ങൾ പ്രകടിപ്പിക്കുകയും മറ്റു പലതും മറച്ചുവെക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു നീ പറയുക അള്ളാഹു സുബഹാനഹുവ ചായല ആണ് ഇറക്കിയത് പിന്നീട് അവരുടെ വ്യർത്ഥമായ സംസാരങ്ങളിൽ കളിച്ചു നടക്കാൻ അവരെ വിട്ടേക്കുക